നിങ്ങൾക്കൊരു മുറിവ് ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിൽ സമാനമായ മുറിവ് മറ്റേ വിഭാഗത്തിനും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ ദിനങ്ങൾ നാം മനുഷ്യർക്കിടയിൽ മാറി മാറി നൽകുന്നു വിശ്വാസികളെ അള്ളാഹുസുബാനുഹൂവറ്റ ആല തിരിച്ചറിയുന്നതിനും നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ സ്വീകരിക്കുന്നതിനും വേണ്ടിയാണത് അല്ലാഹുസുബാനുഹൂവറ്റ ആല അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല